ാമഹപ്പെടുമാർ ആകട്ടെ നമുക്ക് വെള്ളിയാഴ്ച ഇന്ന് വീണ്ടും ദൈവസന്നിധിയിൽ ഒന്ന് ചാരിപ്പാൻ ഇടയായല്ലോ നമ്മുടെ ചിന്തക്കായിട്ട് നമുക്ക് യോവേലിന്റെ പ്രവചനം പഴയ നിയമത്തിലെ യോവേൽ പ്രവചനം മൂന്നാമധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം വായിക്കാം യോവേൽ പ്രവചനം മൂന്നാമധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം ഞാൻ സകല ജാതികളുടെ ജാതികളെയും കൂട്ടി യിൽ ചെല്ലുമാറാക്കുകയും എൻ്റെ ജനനിമിത്തവും എൻ്റെ അവകാശമായ ഇസ്രായേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും അതിൻ്റെ തന്നെ നമ്മൾ മൂന്നാമത്തെ തന്നെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ജാതികൾ ഉണർന്ന് ഏഹോഷഫാത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ മൂന്നിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ വിധിയുടെ താഴ്വരയിൽ അസംഖ്യ സമൂഹങ്ങളെ കാണുന്നു വിധിയുടെ താഴ്വരയിൽ യഹോയുടെ ദിവസം അടുത്തിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ പഴയ നിയമ ഈ മൂന്നദ്ധ്യായങ്ങൾ മാത്രമുള്ള യോവയിൽ പ്രവചനത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ താഴ്വര എന്താണ് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മളിപ്പോൾ കടന്നു ഒരു സാഹചര്യത്തോട് ബന്ധപ്പെട്ട് കോവിഡും മറ്റ് പ്രയാസങ്ങളും മഹാമാരിയും അതിനെക്കുറിച്ചുള്ള വയ ആശങ്കകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ കൂരൊരു താഴ്വരയിൽ കൂടെ കടന്നു പോയാലും ഞാനെൻ്റെ അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് ഇരിക്കുന്നുവല്ലോ എന്ന ഇരുപത്തി മൂന്നാം പ്രശസ്തമായ വാക്യം വായിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങി തുടർന്ന് വിവിധ ബൈബിളിൽ കാണുന്ന പല താഴ്വരകളെക്കുറിച്ച് നമ്മൾ ഇന്ന് ഇന്നായിരിക്കുന്ന സാഹചര്യത്തോട് ചേർത്ത് ചിന്തിക്കുകയായിരുന്നല്ലോ ചെയ്തത് ഇന്ന് നമുക്ക് നമ്മുടെ ചിന്തകളുടെ ീ വേണമെങ്കിൽ അവസാനം കുറിച്ചുകൊണ്ട് വേണമെങ്കിൽ ഈ താഴ്വരകളെ ചിന്തകൾക്ക് അവസാനം വേണമെങ്കിൽ നമുക്ക് ഈ ഏഹോഷഫാത്ത് താഴ്വരയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത് നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു കാരണം ഇവിടെ വായിച്ച ഈ ഏഹോഷഫാത്ത് എന്ന് പറയുന്നത് അന്ത്യ ഒരു പോരാട്ടത്തിൻ്റെ ഒരു താഴ്വരയാണ് നോക്ക് ഇത്രയും നൂറ്റാണ്ടു മുമ്പ് പഴയ നിയമ ജീവിച്ചിരുന്ന യോവേലിന് ഇത് സംബന്ധിച്ചൊരു കാഴ്ചപ്പാട് ദൈവം കൊടുത്തു യോവേൽ അന്ന് താൻ പ്രവചിക്കുന്നു ഈ ഹോഷാത്ത് താഴ്വരയിൽ സകല ജാതികളെയും കൂട്ടിക്കൊണ്ട് ചെല്ലുന്നു അവിടെ അരിവാളിടുവീൻ കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്നു വന്ന് ചവിട്ടുവീൻ ചക്ക് നിറഞ്ഞിരിക്കുന്നു വിധിയുടെ താഴ്വരയിൽ അസംഖ്യ സമൂഹങ്ങളെ കാണുന്നു എന്നെല്ലാം പറയുമ്പോൾ ഇത് അന്ത്യകാലത്ത് അവിടെ നടക്കുന്ന ഒരു പോരാട്ടത്തെക്കുറിച്ചും യുദ്ധത്തെക്കുറിച്ചും ആ ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചും ഒക്കെ ഉള്ള പ്രവചനമാണ് ഇവിടെ കാണുന്നത് പഴയ നിമിമത്തില് വേറെയും ചിലര് ഉദാഹരണത്തിന് സക്കരിയ പ്രവാചകന്റെ പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ നാല് അഞ്ചോ വാക്യങ്ങൾ നോക്കുക അതുപോലെ എ സ്കെൽ മുപ്പത്തി എട്ടോ നോക്കുക അവിടെയൊക്കെയും ഈ ഹോഷപാത്ത് താഴ്വരയിൽ അല്ലെങ്കിൽ വിധിയുടെ താഴ്വര എന്ന പ്രവാചകൻ വിളിക്കുന്ന ഈ താഴ്വരയിൽ നടക്കുന്ന അന്തിമ പോരാട്ടത്തെക്കുറിച്ചാണ് അവിടെയും ഒക്കെ പരാമർശങ്ങളുള്ളത് അപ്പോൾ ഈ പഴയ നിയമപ്രവാചകന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞു അത് കഴിഞ്ഞ് വെളിപ്പാട് പുസ്തകത്തിലാണ് അതിൻ്റെ വിശദമായ വിവരണങ്ങളെ നമ്മളെ കാണുന്നത് ആട്ടെ നമുക്ക് വളരെ വേഗത്തിൽ ഈ എഹോഷഫാത്ത് താഴ്വര അല്ലെങ്കിൽ വിധിയുടെ ഈ താഴ്വര അത് നമ്മളുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് വളരെ വേഗത്തിൽ നമുക്ക് നോക്കാം എഹോഷഹാത്ത് താഴ്വര എന്ന് പറയുന്നത് സത്യത്തിൽ അത് എരിസ്ലേമിന് എരിസ്ലേമിന് സമീപമുള്ള ഒരു താഴ്വരയാണ് എരിസ്ലേമിന് അൻപത് നാഴിയ വടക്ക് വടക്ക് ഉള്ള ഒരു താഴ്വരയാണ് അല്ലെങ്കിൽ ഉത്തരമധ്യ പാലസ്തീനിലെ ഒരു താഴ്വരയാണ് മെഗീദോ താഴ്വര അതിൻ്റെ ഒരു ഭാഗമാണ് ഇത് എന്നാണ് നമ്മളെ കാണുന്നത് ഈ താഴ്വര ഈ മെഗീദോ താഴ്വര ഇവിടെയാണ് ഹർമഗദോൻ എന്ന് പറയുന്ന ആ യുദ്ധവും ഒക്കെ നടക്കുന്നത് ബൈബിളറിയാവുന്നവർക്കറിയാം നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം പ്രിയപ്പെട്ടവർ ഈ ഹോഷഫാത്ത് താഴ്വര എന്ന് യോവേൽ പ്രവചനത്തിലേക്ക് വിളിക്കുന്ന ഈ താഴ്വര മെഗീദോ താഴ്വരയുടെ ഒരു ഭാഗമാണ് നമ്മൾ പറഞ്ഞതുപോലെ ഉത്തരമധ്യ പാലസ്തീനിലെ അതുപോലെ എസിലേമിന് അൻപത് നാഴിക വടക്ക് കാണുന്ന ഒരു നിലമാണ് ആ നിലത്ത് വച്ചാണ് ഈ യുദ്ധം നടക്കുന്നത് ഇതിനെ യഹോഷപാത്ത് താഴ്വര എന്ന് വിളിക്കുന്നതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട് നമ്മൾ ഒരിക്കൽ ചിന്തിച്ചതാണെന്ന് തോന്നുന്നു രണ്ട് ദിനവൃത്താന്തം ഇരുപതാം അധ്യായം ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളെ നമ്മൾ വായിച്ചാൽ ക്ഷമിക്കണം രണ്ട് ദിനവൃത്താന്തം രണ്ട് ദിനവൃത്താന്തം ഇരുപതാം അധ്യായം ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ അവിടെ യഹൂദ രാജാവായാത്ത് പാട്ടും പാടി ജയിച്ച ഒരു താഴ്വരയാണ് ഈ താഴ്വരയെന്ന് നമുക്കറിയാം പാട്ടുപാടി ജയിക്കുക എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ തന്നെ അങ്ങനെയായിരുന്നു തൻ്റെ ശത്രുക്കൾ വന്നപ്പോൾ ഏഹോ ഷാഫാത്ത് ചെയ്തു സംഗീതക്കാരെ മുന്നിൽ നിർത്തി യഹോവായുടെ ദയാളുള്ളത് എന്ന് പാടി അവർ മുൻപിൽ നടന്നു സൈന്യം പുറകെ ചെന്നു ഈ സംഗീത ആ നിലയില് സംഗീതവുമായിട്ട മുൻപിൽ നടന്നവർ അങ്ങ് ചെന്നപ്പോ ദൈവം തൻ്റെ ശത്രുക്കളെ യഹോഷഫാത്തിൻ്റെയും ഈ സൈന്യത്തിന്റെയും മുൻപാകെ അങ്ങനെ ഒരു ഒരു യുദ്ധമൊന്നും ചെയ്യാതെ തന്നെ പാട്ടും പാടി ജയിച്ച ആ താഴ്വരക്ക് യഹോഷഫാത്ത് താഴ്വര എന്നാണ് ഈ മിക താഴ്വരയുടെ ഈ ഭാഗത്തിന് പേര് വന്നത് ആ താഴ്വരയെ കുറിച്ചാണ് നമ്മളിപ്പോൾ വായിച്ചത് അവിടെ എന്താ വായിച്ചത് അവിടെ സകല കൂട്ടി യുദ്ധത്തിന് ചെല്ലുമാറാക്കും അതുപോലെ നമ്മൾ കാണുന്നു അതിനെ യഹോഷഫത്ത് താഴ്വരെ വിധിയുടെ താഴ്വര എന്നും വിളിച്ചിരിക്കുന്നു ഇത് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഈ ഭാഗം അതിൻ്റെ വെളിപ്പാട് പുസ്തകം പതിനാറാം അധ്യായത്തിലും പത്തൊൻപതാം അധ്യായത്തിലും വിവരിച്ചിട്ടുണ്ട് നമുക്ക് ആ ഭാഗം കൂടെ ഒന്ന് വളരെ വേഗത്തിൽ ഒന്ന് നോക്കി നമുക്ക് പ്രസക്തമായ ചിന്തകളിലേക്ക് നമുക്ക് വരാം ഇവിടെ ഇതാ ഈ വെളിപ്പാട് പുസ്തകം പതിനാറാം അധ്യായത്തിൽ വരുമ്പോൾ അതിൻ്റെ പന്ത്രണ്ട് മുതൽ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ വെളിപ്പാട് പുസ്തകം പതിനാറാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ അത് മുഴുവൻ വായിക്കാനായിട്ട് സമയമെടുക്കുന്നില്ല അവസാന കാലഘട്ടത്തിൽ അതായത് ഈ കാലഘട്ടത്തിൻ്റെ ഈ കൃപായുഗത്തിൻ്റെ അന്ത്യം കുറിച്ചുകൊണ്ട് കർത്താവ് വീണ്ടും ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ തൻ്റെ സഭയുമായിട്ട് ഇറങ്ങി അവിടെ പിശാജ് ചെയ്യും പിശാജും അവൻ്റെ അനുചരന്മാരും കൂടെ ചേർന്ന് ഭൂതലത്തിലുള്ള സകല രാജാക്കന്മാരെയും അതുപോലെ തന്നെ സൈന്യശക്തികളെയും ഒക്കെ ദൈവത്തിനെതിരെ കർത്താവിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് കൂട്ടിക്കൊണ്ട് ീ താഴ്വരയിൽ വരും അതുകൊണ്ടാവാം ഈ താഴ്വരയെ വിധിയുടെ താഴ്വര എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആ ഭാഗം പതിനാറിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള ഭാഗം നോക്കുക അവിടെ ഈ ആളുകളെ കർത്താവിനെതിരെ യുദ്ധം ചെയ്യാൻ ഉദ്ദീപിപ്പിച്ച് പിശാചും മൃഗവും കള്ളപ്രവാചകനും ഒക്കെ കൂടെ ഏർ സാത്താൻ്റെ കൂടെ ചേർന്ന് ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിനായിട്ട് ഈ ഭൂമിയിലെ രാജാക്കന്മാരെയൊക്കെ കൂട്ടിക്കൊണ്ട് വരുന്നു ആ വരുന്ന ആ സ്ഥലത്തിന് അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു പതിനാറിൻ്റെ പതിനാറ് അവ അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്നു പേരുള്ള ആ സ്ഥലത്താണ് ആ യുദ്ധം നടക്കുന്നത് എബ്രായ ഭാഷയിലപ്പോൾ ഈ ഹോഷഫാത്ത് താഴ്വരയ്ക്ക് വിധിയുടെ ഈ താഴ്വരയുടെ പേരെന്താ ഹർമഗദോൻ എന്നാണ് ആ പേര് അവിടെ ഇവർ വരുന്നു പ്രിയപ്പെട്ടവരെ ഈ രംഗം നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ കാല തികവിങ്ങൾ താന് ഈ താന് മധ്യാകാശത്തിൽ വരുന്നു മധ്യാകാശത്തിൽ വരുന്നു സഭയെ മധ്യാകാശത്തിലേക്ക് ചേർക്കുന്നു ചേർത്തതിന് ശേഷം കർത്താവും സഭയുമായിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും ഇവിടെ എപ്പോഴ് എതിർ ക്രിസ്തു വന്ന് മഹോപദ്രവം നടക്കുന്ന സമയമാണ് ആ മഹോപദ്രവത്തിൻ്റെ അവസാന ഘട്ടമാകുമ്പോൾ ദൈവത്തിൻ്റെ ക്രോധം ഈ ഭൂമിയുടെ മേൽ മുമ്പ് സഭയെ കർത്താവ് മധ്യാകാശത്തിലേക്ക് ചേർക്കുകയും അവിടെ നിന്ന് കർത്താവും സഭയും കൂടെ ഈ ഈ ഭൂമിയുടെ മേൽ ദൈവത്തിൻ്റെ ചൊരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇറങ്ങി വരികയും ചെയ്യും അതിനെക്കുറിച്ചൊക്കെ നമ്മളിവിടെ വായിച്ച പതിനാറിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് ഞാൻ കള്ളനെപ്പോലെ വരും കള്ളനെപ്പോലെ വന്ന് കർത്താവ് തൻ്റെ നിക്ഷേപമായ തൻ്റെ പ്രിയ സഭയെ താൻ രക്തം കൊടുത്ത് സമ്പാദിച്ച് തൻ്റെ സഭയെ ഈ ദൈവത്തിൻ്റെ ക്രോധത്തിൽപ്പെടാതെ മധ്യാകാശത്തിലേക്ക് എടുക്കുകയും ഈ ദൈവത്തിൻ്റെ ക്രോധം ഭൂമിയുടെ മേൽ ചുരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം കർത്താവും സഭയും കൂടെ ഇറങ്ങി വരികയും ചെയ്യും ഇറങ്ങി വരുമ്പോൾ സക്കരിയാ പ്രവചനത്തിൽ നമ്മൾ മുമ്പേ പറഞ്ഞ പതിനാലാമത്തെ അധ്യായത്തിൻ്റെ നാല് അഞ്ച് വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഒലിവുമലയിലേക്കാണ് കർത്താവും സഭയും കൂടെ ഇറങ്ങി വരുന്നത് ഇറങ്ങി വരുമ്പോൾ ആ ഒലിവുമല രണ്ടായിട്ട പിരിയും ഒരു താഴ്വര രൂപ രൂപപ്പെടും ഇങ്ങനെയെല്ലാം ഈ സ്ഥലത്ത് എന്ത് സംഭവിക്കുന്നു പിശാച്ച് അവൻ്റെ അനുചരന്മാരും കർത്താവ് പ്രത്യക്ഷമാകുമ്പോൾ കർത്താവിനോട് യുദ്ധം ചെയ്ത് കർത്താവിനെ തോൽപ്പിക്കാനായിട്ട് അവൻ ഇവരെ എല്ലാം കൂടെ ഇതാണ് അന്ത്യയുദ്ധം ഹർമ്മഗതോൻ യുദ്ധം എന്ന് ദൈവവചനത്തിൽ പറയുന്നത് ഈ അന്തിമ യുദ്ധം ധർമ്മഗദോൻ യുദ്ധം അല്ലെങ്കിൽ ഈ വിധിയുടെ താഴ്വരയിൽ നടക്കുന്ന ഹോഷഭാത്ത് താഴ്വരയിൽ നടക്കുന്ന ഈ അന്തിമ യുദ്ധം ഇതിന്റെ സ്ഥലമെന്ന് പറയുന്നത് നമ്മളിപ്പോ കണ്ടതുപോലെ ഇപ്പോഴും നമ്മൾ പറഞ്ഞ മെഗീതോ താഴ്വരയുടെ ഭാഗമാണ് അതിൻ്റെ സമയമോ സമയമെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ് മഹോപദ്രവത്തിന്റെ അവസാന ഘട്ടമാണ് അതോടെ മഹോപദ്രവം തീർന്നു അതിന് കർത്താവ് ഈ ഹർമ്മഗതോൻ യുദ്ധത്തിന് ശേഷം എന്താ ആയിരമാണ്ടു വാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ് ആട്ടെ ഈ യുദ്ധത്തിൻ്റെ എത്ര നേരം ഇത് നീണ്ടു നിൽക്കും നീണ്ടു നിൽക്കുന്നത് ഒരു ദിവസത്തോളം മാത്രമേ ഇത് നീണ്ടു നിൽക്കുകയുള്ളൂ ഒരു ദിവസം കൊണ്ട് തന്നെ കർത്താവ് തൻ്റെ ആളുകളും ഈ പിശാചിനെയും അവൻ്റെ അനുചരന്മാരെയും ഒക്കെ തോൽപ്പിച്ച് അവരെ ആ നിലയില് അവരെ തോൽപ്പിച്ച് അവരെ യുദ്ധത്തിലെ പരാജയപ്പെടുത്തും ഇതാണ് അതിൻ്റെ സമയം അതിൻ്റെ ദൈർഘ്യം ആ യുദ്ധത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ഒരു ദിവസമാണ് ഇതിൻ്റെ ഫലമോ ഫലമെന്തെന്ന് വെച്ചാൽ സാത്താനും നമ്മൾ പറഞ്ഞതുപോലെ അവൻ്റെ അനുചരന്മാരും തോൽപ്പിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല ദൈവം തുടർന്ന് സാത്താൻ്റെ അനുചരന്മാരായ കള്ളപ്രവാചകൻ മൃഗം എന്നിവരെ അഗ്നിപ്പൊയുകയിൽ എന്നേക്കും തള്ളിയിടുന്നു ഇത് നമ്മൾ കാണുന്നത് വെളിപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായത്തിലാണ് കാണുന്നത് വെളിപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യം അതുപോലെ കള്ളപ്രവാചകനേയും മൃഗത്തെയും അഗ്നിപൊയ്കയിൽ തള്ളിയിടുന്നു അഗ്നിപൊയ്കയിൽ തള്ളിയിടുന്നു എന്നാൽ സാത്താനേയും അവൻ്റെ ദൂതന്മാരെയും ആയിരം ആണ്ടേക്ക് അഗാധരൂപത്തിൽ ചങ്ങലയിലെ ബന്ധിക്കും വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ നോക്കുക ഇസ്രായേലിനെ സംരക്ഷിക്കും ഇങ്ങനെ കർത്താവ് ഈ ഭൂമിയിൽ ഭരണം സ്ഥാപിക്കും കർത്താവിൻ്റെ വിശുദ്ധന്മാർ കർത്താവിനോടൊപ്പം ഭരണം നടത്തും ഇസ്രായേലും അതിൻ്റെ കൂടെ ഇതിലെ സ്വസ്ഥതയോടെ കർത്താവിൻ്റെ ഭരണത്തിൽ കീഴടങ്ങി ആയിരിക്കും അവർ അവരുടെ അവർ തള്ളിക്കളഞ്ഞ ഒരിക്കൽ തള്ളിക്കളഞ്ഞ മഹിഹായെ തിരിച്ചറിയും ആയിരം വർഷം അങ്ങനെ സമാധാനമായ ഒരു ഭരണം ഈ ഭൂമിക്കുണ്ടാകും ഇതിനെയാണ് ആയിരം ആണ്ട് വാഴ്ച എന്ന് പറയുന്നത് ഇതിൻ്റെ നമ്മളെ വെളിപ്പാട് പുസ്തകം പതിനാറാം അധ്യായത്തിൽ കണ്ടതുപോലെ തന്നെ പത്തൊൻപതാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളും ഒക്കെ വായിക്കുമ്പോൾ ഈ ഹെർമഗതൗൻ യുദ്ധത്തിൻ്റെ നമ്മൾ നേരത്തെ കണ്ട ഹെർമ്മഗതൗയുദ്ധത്തിൻ്റെയൊക്കെ ചരിത്രം വെളിപ്പാട് പത്തൊൻപതിൻ്റെ പതിനൊന്ന് മുതൽ ഇരുപത്തൊന്ന് വരെയും വീണ്ടും രേഖപ്പെടുത്തിയിരിക്കുന്ന കാണാം നമുക്കറിയാമല്ലോ വെളിപ്പാട് പുസ്തകം ഒരു കാലക്രമത്തിലല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിനാറാം അധ്യായത്തിൽ ഹർമ്മഗതവൻ യുദ്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആ വിധിയുടെ താഴ്വരയിൽ നടക്കുന്ന അന്തിമ യുദ്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട് കർത്താവിനും തൻ്റെ ജനത്തിനുമെതിരെ പിശാജും അവൻ്റെ അനുചരന്മാരും ഈ ഭൂമിയിലെ രാജാക്കന്മാരെ ഉദ്ദീപിപ്പിച്ച് കൊണ്ടുവന്ന് യുദ്ധം ചെയ്യും ആ യുദ്ധത്തിൽ അവർ തോറ്റുപോകും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വേ വളരെ വേഗത്തിൽ ഒന്നുകൂടെ പറയാം ഈ യുദ്ധത്തെക്കുറിച്ച് അക്കമിട്ട് ചില കാര്യങ്ങൾ പറയാം ഒന്ന് അതിൻ്റെ സ്ഥലമാണ് സ്ഥലമെന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ പറഞ്ഞ താഴ്വരയാണ് അതിൻ്റെ സമയമെന്ന് പറയുന്നത് മഹോബദ് അവസാന ഘട്ടത്തിൽ അല്ലെങ്കിൽ ആയിരം ആണ്ട് തൊട്ട് മുമ്പായിട്ടാണ് ഈ ഹർമ്മഗദോ യുദ്ധം ഈ യുദ്ധത്തിൻ്റെ കാലദൈർഘ്യമെന്ന് പറയുന്നത് കഷ്ടിച്ച ഒരു ദിവസമായിരിക്കും ഇതിൻ്റെ ഫലം ഈ യുദ്ധത്തിൻ്റെ ഫലമെന്ന് പറയുന്നത് സാത്താനും എതിർ ക്രിസ്തുവും സൈന്യവും എല്ലാം തോൽപ്പിക്കപ്പെടുന്നു മാത്രമല്ല കർത്താവ് പിശാജിൻ്റെ സാത്താൻ്റെ അനുചരന്മാരായ കള്ളപ്രവാചകനെയും മൃഗത്തെയും അഗ്നിപ്പൊഴിക എന്നേക്കുമായിട്ട് തള്ളിക്കളയുന്നു സാത്താനേയും ദൂതന്മാരെയും അഗാധകോപത്തിൽ ആയിരം വർഷത്തേക്ക് ചങ്ങലയിട്ട് ബന്ധിക്കുന്നു എന്നിട്ടായിരം വർഷം ഈ ഭൂമിയിൽ വീണ്ടും കർത്താവ് ഭരണം നടത്തുന്നു അതിനെയാണ് ആയിരം ആണ്ട് വാഴ്ച എന്ന് പറയുന്നത് കർത്താവും സഭയും ഇവിടെ ആയിരിക്കും വളരെ സമാധാനപൂർണ്ണമായ ഒരു സമയമായിരിക്കും അതിന് നടക്കുന്നത് എന്താ നമ്മൾ ഇരുപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ കാര്യങ്ങളും പറയുന്നുണ്ട് ഇരുപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ അതിൻ്റെ ആയിരം ആണ്ട് വാഴ്ചക്ക് ശേഷം ദൈവം എന്തു ചെയ്യും അതിൻ്റെ ഏഴാമത്തെ വാക്യം ഇരുപതിൻ്റെ ഏഴ് ആയിരം ആണ്ട് കഴിയുമ്പോൾ സാത്താനെ പിന്നെയും ഈ അഗാധകൂപത്തിൽ നിന്ന് ചങ്ങലയിൽ നിന്ന് അഴിച്ചുവിടും സാത്താനെ മാത്രമാണ് അഴിച്ചുവിടുന്നത് കള്ളപ്രവാചകനും മൃഗവും അഗ്നിപൊഴിയിൽ കിടക്കുകയാണ് സാത്താനെ അഗാധകൂപത്തിലായിരുന്നു ബന്ധിച്ചത് അവിടെ നിന്ന് ആയിരം ആണ്ടിന് ശേഷം അഴിച്ചുവിടും അഴിച്ചുവിടുമ്പോൾ അവൻ എന്തു ചെയ്യും അവൻ പിന്നെയും നേരത്തെ ഹർമഗതോൺ യുദ്ധത്തിലെ പരാജയത്തിൽ നിന്ന് ഒരു പാഠം പഠിക്കാതെ അവൻ അതിൻ്റെ ഇരുപതിൻ്റെ എട്ടാമത്തെ വാക്യം അവൻ ഭൂമിയുടെ നാല് ദിക്കിലുമുള്ള ജാതികള് കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോകുമാഗോ എന്നിവരെ യുദ്ധത്തിനായി വശീകരിപ്പാനായിട്ട് പുറപ്പെടും ഇങ്ങനെയെല്ലാം വീണ്ടും ഒരു യുദ്ധത്തിന് ആയിട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒൻപതാമത്തെ വാക്യം എന്നാൽ ആകാശത്തു നിന്ന് തീയിറങ്ങി അവരെ മുഴുവൻ ദഹിപ്പിച്ചു കളയും പിന്നീട് ധർമ്മഗതവൻ പോലൊരു യുദ്ധമില്ല കർത്താവ് ആകാശത്തു നിന്ന് തീയിറങ്ങി ഇവരെ നശിപ്പിച്ചു കളയും പിശാജിനെ എന്തു ചെയ്യും സാത്താനെ എന്തു ചെയ്യും നേരത്തെ മൃഗത്തെയും കള്ളപ്രവാചകനേയും ഇട്ട ഗന്ധക തീ പൊയ്യയിലേക്ക് തന്നെ തള്ളിയിടും ആ അവിടെയാണ് സാത്താൻ്റെ അന്തിമ ന്യായവിധി നടക്കുന്നു വെളിപ്പാട് ഇരുപതിൻ്റെ പത്താമത്തെ വാക്യം തുടർന്ന് പതിനൊന്നാമത്തെ വാക്യത്തിലാണ് ഈ ആളുകളെ ഈ ലോകജാതികളെയൊക്കെ ദൈവന്യായം വിധിക്കുന്ന വെള്ള സിംഹാസനത്തിലെ ന്യായവിധി ജീവന്റെ പുസ്തകം തുറന്നു ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ളവരും അല്ലാത്തവരുമെന്ന് രണ്ട് കൂട്ടർ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും അതായത് രക്ഷിക്കപ്പെടാത്ത ഏവരെയും സാത്താനെ തള്ളിയിട്ടതുപോലെ നേരത്തെ കള്ളപ്രവാചകനെയും മൃഗത്തെയും തള്ളിയിട്ടതുപോലെ അതേ ഗന്ധക തള്ളിയിടും എന്ന് പറഞ്ഞാണ് ഇരുപതാമത്തെ അധ്യായം അവസാനിക്കുന്നത് പ്രിയപ്പെട്ടവർ പറഞ്ഞത് വ്യക്തമായോ ഈ നമ്മളെ വളരെ വേഗത്തിൽ ഒരു താഴ്വരയിൽ അതായത് ഈ വിധിയുടെ താഴ്വരയില് നടക്കുന്ന ഹർമ്മഗതോൻ താഴ്വരയിൽ നടക്കുന്ന യുദ്ധത്തെ കുറിച്ചും ന്യായവിധികളെ കുറിച്ചും ഒക്കെയാണ് വളരെ വേഗത്തിൽ പറഞ്ഞു പോയത് യോവേലിൻ്റെ പുസ്തകത്തിൽ നിന്നും സക്കരിയാവിൻ്റെ പുസ്തകത്തിൽ നിന്നും ആ എസ് കെൽ അധ്യായങ്ങളിൽ നിന്നും ഈ കാര്യത്തിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പുസ്തകത്തിലേക്ക് വരുമ്പോൾ പത്തൊൻപത് ഇരുപത് അധ്യായങ്ങളിൽ ഈ കാര്യം കാണുന്നുണ്ട് പതിനാറാം അധ്യായത്തിലെ ഈ കാര്യങ്ങളെ കാണുന്നുണ്ട് നമ്മൾ പറഞ്ഞത് ഇങ്ങനെ പിശാജിനെ ന്യായം വിധിക്കുന്ന ആ ഒരു രംഗം അതെല്ലാം നടക്കുന്ന ആ അന്തിമ യുദ്ധം ഹർമ്മഗദോൻ എന്ന് പറയുന്ന ആ താഴ്വരയിലാണ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ വിധിയുടെ ഈ താഴ്വരയിലാണ് നടക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇതെല്ലാം നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് ഇന്നത്തെ ലോകത്തിൻ്റെ സംഭവങ്ങളൊക്കെ കർത്താവിൻ്റെ വരവിനെ വളരെ വിളിച്ചറിയിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കർത്താവ് വീണ്ടും വരുന്നു രണ്ടാമത് വരുന്നു തൻ്റെ സഭയെ ചേർക്കാനായിട്ട് വരുന്നു ലോകത്തെ ന്യായം വിധിക്കാനായിട്ട് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് അകലെ എങ്ങോ നടക്കുന്ന ചില കാര്യങ്ങൾ പോലെയാണ് നമ്മൾ ചിന്തിച്ചിരുന്നത് കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ ലക്ഷണങ്ങൾ ആ കർത്താവ് പറഞ്ഞിട്ടുള്ളത് പത്താസു ശേഷം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യായങ്ങൾ ലൂക്കോസ് ഇരുപത്തൊന്നാം അധ്യായം അവിടെയൊക്കെ വായിക്കുമ്പോൾ മഹാമാരിയെക്കുറിച്ചും യുദ്ധങ്ങളെക്കുറിച്ചും പറയുമ്പോൾ അതൊക്കെ എന്നൊക്കെയോ നടക്കുന്നത് എന്നല്ലാതെ ഇതുപോലെ ഈ കാര്യങ്ങളെല്ലാം ഒന്നിച്ചു വന്ന മറ്റൊരു സന്ദർഭമില്ല അതുകൊണ്ട് തന്നെ നമ്മളെന്ത് വേണം കർത്താവിൻ്റെ മക്കള് കർത്താവിൻ്റെ സഭ ഓ തങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ വാദിക്കലായിരിക്കുന്നു എന്ന് മനസ്സിലാക്കി നമ്മുടെ കർത്താവിൻ്റെ വര വരവ് വളരെ ആസന്നമായിരിക്കുന്നുവെന്ന് മനസ്സിലാക്കി നമ്മുടെ തലയെ ഉയർത്താനും ദൈവത്തിനായിട്ട് ഒരുങ്ങാനും ഉള്ള സമയമായിട്ട് നമ്മൾ ഇതിനെ എടുക്കണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെയല്ല കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഒന്നിനു പുറമേ ഒന്നൊന്നായിട്ട് സംഭവിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന ഈ ഹർമ്മഗതവും യുദ്ധവും ദൈവത്തിൻ്റെ ന്യായവിധികളും ഒക്കെ സംഭവിക്കുന്ന കാലം വളരെ ആസന്നമായിരിക്കുന്നു ഈ സമയത്ത് നമ്മൾ എങ്ങനെയാണ് ദൈവസന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാനായിട്ട് കഴിയുന്നത് അന്തിമ ദിവസങ്ങളിൽ കർത്താവ് വരുമ്പോൾ ഏതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കർത്താവ് കാണുന്നത് ആ കാര്യത്തിനായിട്ട് നമ്മൾ നമ്മളെ തന്നെ ഒരുക്കുക ദൈവവചനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബോധ്യത്തിനനുസരിച്ച് ഏതെങ്കിലും ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യം എന്തായിരിക്കും ദൈവം അവസാനമായിട്ട് കണക്കെടുക്കുന്നത് നമുക്ക് കർത്താവിനോടുള്ള വ്യക്തിപരമായ ആ സ്നേഹവും അടുപ്പവും ബന്ധവുമാണ് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ ഒക്കെയുണ്ട് അതൊക്കെ ഉണ്ട് എങ്കിലും ആത്യന്തികമായിട്ട് നമ്മളും കർത്താവും തമ്മിലുള്ള ബന്ധമാണ് കർത്താവിനോട് നമുക്കുള്ള സ്നേഹമാണ് അതാണ് അവസാന നിമിഷങ്ങളിൽ അതാണ് കൗണ്ട് ചെയ്യപ്പെടാൻ പോകുന്നത് അതുകൊണ്ട് കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുന്നവരായിട്ട് നമുക്കായിരിക്കാം പ്രിയമുള്ളവർ കർത്താവിൻ്റെ വള വരവ് വളരെ ആസന്നമായി എന്നാണല്ലോ നമ്മൾ പറഞ്ഞത് നമ്മളെ കർത്താവ് വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള കാര്യങ്ങൾ ത്യാഗങ്ങൾ നമ്മുടെ പല അധ്വാനങ്ങൾ ഇതൊക്കെ ശരിയാണെങ്കിലും അതിനൊക്കെ പിന്നില് കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ് അതാണ് ഏറ്റവും പ്രധാനമായിട്ട് കൗണ്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യം ഓർക്കണം നമ്മൾ കർത്താവ് പറഞ്ഞ ഉപമകൾ നമുക്കറിയാമല്ലോ എനിക്ക് നിങ്ങളെ അറിയുന്നില്ല ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു കർത്താവ് ഞങ്ങൾ നിനക്ക് വേണ്ടി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പല കാര്യങ്ങൾ ചെയ്തു വലിയ അത്ഭുത പ്രവർത്തികൾ വീര്യപ്രവർത്തികൾ പക്ഷേ കർത്താവ് പറയുന്നു ഞാൻ നിങ്ങളെ അറിയുന്നില്ല അറിയുക എന്ന് പറയുന്ന നോ എന്ന് പറയുന്ന ആ പദം ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ അറിവ് പോലെയാണ് ഭാര്യ ഭർത്താവും തമ്മിൽ വളരെ ഇൻറ്റിമേറ്റായിട്ട് വളരെ അടുത്തറിയുന്ന ആ കാര്യത്തെ സൂചിപ്പിക്കുന്ന അതേ വാക്ക് തന്നെയാണ് കർത്താവ് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയുന്നിടത്ത മറ്റേ എഴുതിയ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടല്ലോ അവിടെ ഉപയോഗിച്ചേക്കുന്ന വാക്ക് അതാണ് ഞാൻ നിങ്ങളെ അറിയുന്നില്ല മറ്റു ചിലരെ കർത്താവ് പറയുന്നു ഞാൻ നിങ്ങളെ അറിയുന്നു ഉം നമ്മൾ മത്ത എഴുതിയ സുശേഷം ഏഴാം അധ്യായത്തിലാണ് അവിടെ ചിലർ വന്ന് കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും പല കാര്യങ്ങളും ഒക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ അതിൻ്റെ ഏഴിൻ്റെ ഇരുപത്തി മൂന്ന് ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല അറിയുക അതാണ് ഏറ്റവും പ്രധാനമായ കാര്യം അറിയുന്നത് എങ്ങനെയാണ് അറിവ് ഒരു വൺ ട്രാഫിക് അല്ല അത് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഭാര്യാഹോർത്തർ ബന്ധത്തിലെ ഏറ്റവും ഇൻഡിമേറ്റായ നിമിഷങ്ങൾ പോലെ അന്യോന്യമുള്ള അറിവാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു ഭാവമാണ് അപ്പോ ആ കർത്താവുമായിട്ട് ആ വ്യക്തിപരമായ ആ ഒരു അടുപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നത് നമ്മൾ ഓർത്തിരിക്കണം കർത്താവ് വീണ്ടും വരുമെന്നും കർത്താവിനെ നമ്മൾ കാണുമെന്നും ഒക്കെ പറയുമ്പോൾ കർത്താവിനെ കുറിച്ച് ഒരു സ്നേഹം നമുക്ക് ഉണ്ടോ ആ ഒരു അടുപ്പം നമുക്കുണ്ടോ അതോ ഒരു പേടികലർന്ന ഒരു അകൽച്ചയാണോ നമുക്കുള്ളത് പ്രിയപ്പെട്ടവരെ അങ്ങനെ പേടികലർന്ന ഒരു അകൽച്ചയുടെ നമുക്കില്ല കർത്താവ് നമ്മൾ പറഞ്ഞതുപോലെ ഹെർമഗതോൻ യുദ്ധത്തിനായിട്ടും ഒക്കെ വരുമ്പോൾ അല്ലെ വിധിയുടെ താഴ്വരയില് ഈ ആളുകളെ ന്യായം വിധിക്കാനും ഒക്കെ അത് ലോകമനുഷ്യരാണ് ഭയപ്പെടേണ്ടതും അകന്നു നിൽക്കേണ്ടതും എന്നാൽ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അവൻ്റെ സഭയുടെ ഭാഗമായ നമുക്ക് കർത്താവിൻ്റെ മാറോട് ഓടിയണയാനായിട്ടൊക്കും കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നവനാണ് നമുക്ക് കർത്താവുമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധം അതിൻ്റെ തുടക്കം നമ്മിലല്ല നമുക്കറിയാവുന്നതുപോലെ സ്നേഹം എന്ന് പറയുന്നത് ഒരു വൺ ട്രാഫിക് അല്ല പരസ്പരം അറിയുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞതുപോലെ അന്യോന്യമുള്ള ഒരു ബന്ധമാണ് അപ്പോൾ അത് തുടങ്ങുന്നത് കർത്താവിലാണ് കർത്താവ് നമ്മളെ സ്നേഹിച്ചു കർത്താവ് നമ്മളെ സ്നേഹിച്ചു നമ്മളെ തൻ്റെ മക്കളാക്കി തീർത്തു നമ്മുടെ കൊച്ചു കാര്യങ്ങളിലൊക്കെ കർത്താവിന് താല്പര്യമുണ്ട് നമ്മളെ അവിടുന്ന് നമ്മുടെ കണ്ണുനീര് കണ്ടിട്ട് അകന്നു പോകുന്നവനല്ല എന്തിനാണ് നീ കരയുന്നത് എന്താണ് നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചടുത്തു വരുന്ന ഒരു കർത്താവിനെയാണ് സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നത് പലപ്പോഴും സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ സുവിശേഷങ്ങളിലെ കർത്താവ് ആളുകളുടെ തന്നെ സ്നേഹിക്കുന്ന താൻ സ്നേഹിക്കുന്ന ആളുകളോട് ചേർന്ന് നിൽക്കുകയും അവരുടെ കണ്ണീരൊപ്പുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്ന ആ കർത്താവിനെ നമ്മൾ സുവിശേഷങ്ങളിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ ആ കർത്താവിനോട് താതാൽമ്യപ്പെടാൻ താരതമ്യേന നമുക്ക് കൂടുതൽ എളുപ്പമാണ് എന്നാൽ കർത്താവ് രണ്ടാമത് വരുന്നു കർത്താവ് സ്വർഗത്തിൽ നിന്ന് ന്യായവിധിക്കായിട്ട് വരുന്നു കർമ്മഗതോൻ യുദ്ധത്തിൽ ന്യായവിധി വരുന്നു എന്നെല്ലാം ഒക്കെ പറയുമ്പോൾ അത് നമ്മളെ ഭയപ്പെടുത്തേണ്ട കാരണം കാര്യമില്ല കാരണം നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്ന ബൈബിളിൽ സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്ന അതേ കർത്താവ് തന്നെയാണ് ഈ വരുന്നവനായ കർത്താവ് കർത്താവായി യേശു ക്രിസ്തു അല്ലാതെ സുവിശേഷങ്ങളിലെ ആ പരശിശുശ്രൂഷ കഴിഞ്ഞ് മരിച്ച് അടക്കപ്പെട്ട് അത് ഉയർത്തെഴുന്നേറ്റപ്പോൾ കർത്താവിൻ്റെ സ്വഭാവം പൊടുന്നതിനെ അങ്ങ് മാറിയില്ല കർത്താവ് പഴയ അതേ അതേ അടുപ്പത്തോടെ ആളുകളോട് ഇടപെടുന്നത് സുവിശേഷങ്ങളിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട് ഉദാഹരണത്തിന് യോഹന്നെ സുവിശേഷം ഇരുപതാം അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം നോക്കുക കർത്താവ് എന്ത് ചെയ്യുന്നു കർത്താവ് മറിയ കല്ലറയ്ക്ക് പുറത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ യോഹനാൻ്റെ സുവിശേഷം ഇരുപതിൻ്റെ പതിനഞ്ചില് നമ്മൾ വായിക്കുന്നത് കർത്താവ് വന്നിട്ട് അവളോട് ചോദിക്കുന്നു സ്ത്രീയെ നീ കരയുന്നത് എന്ത് എന്തിനാണ് നീ കരയുന്നത് എന്ന് കർത്താവ് മറിയോട് ചോദിക്കുന്നു നേരത്തെ നമുക്കറിയാം കർത്താവ് മരിച്ചടക്കപ്പെടുന്നതിന് മുമ്പ് ആളുകളുടെ കണ്ണുനീരിനു മുമ്പാകെ കർത്താവും കണ്ണുനീർ തൂകിയവനും അവരോടൊപ്പം കരഞ്ഞവനും ഒക്കെയാണ് എന്നാൽ അടക്കപ്പെട്ട ഉയർത്തെ ശേഷം പുനരുത്ഥാനം ചെയ്ത ഒരു ശരീരത്തിൽ സ്വർഗത്തിൽ പിതാവിൻ്റെ അടുക്കിലേക്ക് കരേറിപ്പോയിട്ട് പിന്നെ ഈ നാൽപ്പത് ദിവസം ഭൂമിയിൽ സഞ്ചരിക്കാനായിട്ട് വന്ന ആ സമയത്തും കർത്താവിൻ്റെ മനോഭാവം എന്താ നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്ന അതേ മനോഭാവം തന്നെയാണ് അവിടുന്ന് മറിയയുടെ അടുത്ത് വന്നിട്ട് പ ചോദിക്കുന്നു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കർത്താവാണ് ചോദിക്കുന്നത് എന്താ സ്ത്രീയെ നീ കരയുന്നത് എന്ത് കർത്താവിന് അറിഞ്ഞുകൂടായോ കർത്താവിനറിയാം കർത്താവ് ഈ ശരീരത്തിൻ്റെ ആ പരിമിതിയെ അതിജീവിച്ച് ഇപ്പോഴ് ഉയർത്തെഴുന്നേറ്റവനാണ് കർത്താവിനെല്ലാം അറിയാം എങ്കിലും കർത്താവ് വന്ന് കരയുന്ന അവളോട് ചേർന്ന് നിന്ന് കർത്താവ് ചോദിക്കുന്നു സ്ത്രീയെ നീ കരയുന്നത് എന്ത് കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതെന്ന് നമ്മൾ ഓർക്കണം ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യം ചോദിക്കുന്നത് ഒരു സ്ത്രീയോടാണ് സ്ത്രീയെ നീ എന്തിനാ കരയുന്നത് എന്നാണ് ചോദിക്കുന്നത് ഒരു വ്യക്തിയുടെ മൗനദുഃഖങ്ങളിൽ വിഷമങ്ങളിൽ കർത്താവും അലിഞ്ഞു പോകുന്നു അല്ലാതെ ഉയർത്തെഴുന്നേറ്റ് ശേഷം കർത്താവിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടില്ല പിന്നീട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം ലൂക്കോസിൻ്റെ സുവിശേഷം ാലാമത്തെ അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത് ഇരുപത്തിനാലാമത്തെ അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ നമുക്ക് ആ ഭാഗം അറിയാം രണ്ടുപേരെ എം ഹൗസിലേക്ക് പോകുമ്പോൾ കർത്താവും അവരോട് ചേർന്ന് നടന്നു തൻ്റെ രണ്ട് ശിഷ്യന്മാർ ക്ലയോപ്പാവും എന്ന് പേരുള്ളവനും അവൻ്റെ ഭാര്യയാണ് കൂടെ ഉള്ളത് എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത് ഏതായാലും നടക്കുമ്പോൾ അവര് തമ്മില് തർക്കിക്കുന്നു അപ്പൊ കർത്താവ് ഇരുപത്തിനാലിൻ്റെ ലൂക്കോസ് ഇരുപത്തിനാലിൻ്റെ പതിനേഴിൽ കർത്താവ് ചോദിക്കുന്നു നിങ്ങൾ വാദിക്കുന്നത് എന്താ എന്തിനാണ് നിങ്ങൾ ഈ വാദിക്കുന്നത് എന്തിനാണ് നിങ്ങൾ തർക്കിക്കുന്നത് കണ്ടോ ഭാര്യ ഭർത്താവ് അടങ്ങുന്ന ഒരു കുടുംബമാണതെങ്കിൽ ആ കുടുംബത്തിൻ്റെ അവരുടെ വിഷമങ്ങളിൽ അവർ അന്യോന്യം ചില കാര്യങ്ങളിൽ തർക്കിക്കുന്നതിൽ കർത്താവ് ഇടപെട്ട് അവരോട് ചോദിക്കുന്നു നിങ്ങൾ എന്തിനാണ് വാദിക്കുന്നത് എന്ന് ചോദിക്കുന്നു കർത്താവ് അവിടെ ചോദിച്ച ആ വാക്യം ഇംഗ്ലീഷില് വേറൊരു വേർഷനിൽ വൈ ആർ യു സാഡ് നിങ്ങൾ തമ്മിൽ വാദിക്കുന്നത് എന്തെന്നല്ല നിങ്ങൾ എന്തിനാ സങ്കടപ്പെടുന്നത് നിങ്ങൾ എന്തിനാണ് സങ്കടപ്പെടുന്നത് നേരത്തെ മറിയോട് ചോദിക്കുന്നു നീ എന്തിനാ കരയുന്നത് ഇപ്പോൾ ഒരു കുടുംബത്തോട് കർത്താവ് ചോദിക്കുന്നു നിങ്ങൾ എന്തിനാ സങ്കടപ്പെടുന്നത് നിങ്ങൾ അന്യോന്യം എന്തിനാണ് തർക്കിക്കുന്നത് എന്ന് ചോദിക്കുന്നു ലൂക്കോസ് ഇരുപത്തിനാലിൻ്റെ മുപ്പത്തെട്ടിൽ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ഒരു മൂന്നാമത്തെ ചോദ്യം നമുക്ക് കാണാം അവിടെ കർത്താവ് എന്താ ആ ചെറിയ കൂട്ടം ശിഷ്യന്മാരുടെ ഒരു ചെറിയ കൂട്ടം കൂടിയിരിക്കുമ്പോൾ അവരുടെ നടുവിൽ നിന്ന് കർത്താവ് വന്നിട്ട് അവരോട് ചോദിക്കുന്നത് ആണ് നമ്മൾ അതിൻ്റെ ഇരുപത്തിനാലിൻ്റെ മുപ്പത്തെട്ടിൽ കാണുന്നത് അവിടെ കർത്താവ് ചോദിക്കുന്നു നിങ്ങൾ കലങ്ങുന്നത് എന്തിന് കണ്ടോ ഞാൻ പറഞ്ഞത് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ മൂന്ന് ചോദ്യങ്ങളാണ് നമ്മൾ കണ്ടത് ഈ മൂന്ന് ചോദ്യങ്ങളെ നമ്മൾ ഇങ്ങനെ പറയാം ഒന്ന് വ്യക്തിയോട് ചോദിക്കുന്നു സ്ത്രീയെ നീ കരയുന്നത് രണ്ടൊരു കുടുംബത്തോട് ചോദിക്കുന്നു നിങ്ങൾ എന്തിനാ സങ്കടപ്പെടുന്നത് നിങ്ങൾ എന്തിനാ അന്യോന്യം തർക്കിക്കുന്നത് മൂന്നാമത് സഭയോട് അന്ന ഭൂമിയിലെ കർത്താവിൻ്റെ ശിഷ്യന്മാരടങ്ങുന്ന ആ കൂട്ടത്തോട് ലൂക്കോസ് ഇരുപത്തിനാല് മുപ്പത്തെട്ടില് നിങ്ങൾ എന്തിനാണ് കലങ്ങുന്നത് കണ്ടോ ഒരു സഭയോടെ ചോദിക്കുന്നു വ്യക്തിയോടെ കുടുംബത്തോടെ സഭയോട് കർത്താവ് ചോദിക്കുമ്പോൾ ഈ കർത്താവിനെ നമുക്കറിയാം ഏത് കർത്താവാണ് മരിച്ചടക്കപ്പെടുന്നതിന് മുമ്പ് സുവിശേഷങ്ങളിൽ നമ്മൾ പരിചയപ്പെട്ട കർത്താവ് ഇതേപോലെ വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും തൻ്റെ ശിഷ്യന്മാരുടെയും പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവർ അവരുടെ കണ്ണുനീര് തുടയ്ക്കാൻ താല്പര്യപ്പെട്ട കർത്താവായിരുന്നു ആ കർത്താവ് തന്നെയാണ് ഉയർത്തെഴുന്നേറ്റ ശേഷം ചോദിക്കുന്ന ഈ മൂന്ന് ചോദ്യങ്ങളിലും അതേ മരണത്തിന് മുമ്പുള്ള കർത്താവിൻ്റെ അതേ മനോഭാവം തന്നെയാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവിനും ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞു വന്നത് കർത്താവ് ഉയർത്തെഴുന്നേറ്റ സ്വർഗാരോഹണം ചെയ്ത കർത്താവ് വീണ്ടും നമ്മളെ ചേർപ്പാനായിട്ട് ഭൂമിയിൽ വരുന്നു കർത്താവിൻ്റെ വരവ് വളരെ ആസന്നമായിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പം നമുക്ക് കർത്താവിനെ കുറിച്ചൊരു അകൽച്ച വേണ്ട ഒരു പേടി വേണ്ട അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷവും സുവിശേഷങ്ങളിൽ നമ്മൾ പരിചയപ്പെട്ട അതേ കർത്താവ് തന്നെയാണ് അവിടുന്ന് വ്യക്തികളുടെ സങ്കടങ്ങളിൽ ഒപ്പം നിൽക്കുന്നവനാണ് കുടുംബങ്ങളുടെ തർക്കങ്ങളില് അവിടുന്ന് അവരുടെ പ്രശ്നം തീർക്കാൻ തയ്യാറുള്ളവനാണ് നമ്മളൊരു ചെറിയ കൂട്ടമാണ് നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ ചഞ്ചലിപ്പും കലക്കവും വന്നെന്നിരിക്കാം കർത്താവ് അതിനവരെ ശാസിക്കുന്നില്ല നിങ്ങൾ എന്തിനാ കലങ്ങുന്നത് എന്ന് പറഞ്ഞ് അവരെ സ്വാതന്ത്ര്യപ്പെടുത്തുകയാണ് അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പറയാൻ വന്നത് ഇതാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വളരെ ആസന്നമായി കർത്താവ് വീണ്ടും വരുന്നു നമ്മളെ ചേർക്കാനായിട്ട് വരുന്നു അല്ലെങ്കിൽ ഭൂമിയിൽ ന്യായം വിധിക്കാനായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മളെന്തോ ഇതേവരെ നമ്മൾ അറിയുന്ന ആ കർത്താവിൽ നിന്ന് വ്യത്യസ്തനായ ഒരാളാണ് വരുന്നത് എന്ന് പേടിക്കണ്ട കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷവും കർത്താവിൻ്റെ മനോഭാവത്തിൽ മാറ്റം വന്നിട്ടില്ല അവിടുന്ന് വ്യക്തികളുടെ ഒറ്റപ്പെട്ട ആളുകളുടെ സങ്കടങ്ങളിലും മൗനദുഃഖങ്ങളിലും പങ്കുചേരുന്നവനാണ് അവരെ ആശ്വസിപ്പിക്കുന്നവനാണ് അവരെ ചേർത്ത് പിടിക്കുന്നവനാണ് അതുകൊണ്ട് സഹോദര സഹോദരി കർത്താവ് വരുന്നു എന്ന് പറയുമ്പോൾ നീ പേടിക്കണ്ട അവിടുന്ന് നമ്മളെ സ്നേഹിക്കുന്ന അതേ കർത്താവ് തന്നെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിൽ പല രംഗങ്ങളിൽ കർത്താവിനോട് സ്നേഹത്തോടെ പ്രാർത്ഥിച്ചു കർത്താവ് നമുക്ക് മറുപടി തന്നു അതേ കർത്താവ് തന്നെയാണ് വീണ്ടും വരുന്നത് അതുകൊണ്ട് വിഷമിക്കണ്ട കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ റപ്പായിരിക്കട്ടെ അങ്ങനെയുള്ളപ്പോൾ നമുക്കും കർത്താവിനെ സ്നേഹി സ്നേഹത്തോടെ കാണാനായിട്ട് കഴിയും കർത്താവിൻ്റെ വരവിനായിട്ട് സ്നേഹത്തോടെ നോക്കി പാർക്കാനായിട്ട് കഴിയും അല്ലാതെ കർത്താവിൻ്റെ വരവിനെ ഒരു പേടി ഒന്നും നമ്മൾ കാണേണ്ടതായിട്ടില്ല നമുക്കറിയാവുന്ന നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവാണ് നമ്മളെ ചേർപ്പാനായിട്ട് വരുന്നത് ആ ഒരു സ്നേഹവും സന്തോഷവും നമ്മുടെ ഹൃദയത്തിൽ ഉയർന്നു വരട്ടെ ആ സന്തോഷത്തിൽ നമുക്കായിരിക്കാം കർത്താവ് വേഗം വരുന്നു നമുക്ക് അവനെ കാണാനായിട്ട് നമുക്ക് താല്പര്യത്തോടെ സ്നേഹത്തോടെ നമുക്കതിനായിട്ട് നോക്കി പാർക്കാം